ദേവനാമത്തിന് മഹത്വം നമുക്ക് യോഹനൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം യോഹനൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ കർത്താവ് താനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ഈ കർത്തൃമേശ ആരംഭിക്കുന്ന ആ ഒരു രംഗത്ത് നമ്മളിവിടെ വായിക്കുന്നത് അവിടെ ഒരുത്തൻ കർത്താവിൻ്റെ നെഞ്ചത്ത് ചാരിക്കൊണ്ടിരുന്നു മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു അവനെക്കുറിച്ച് യോഹനാൻ പറയുന്നത് യേശു സ്നേഹിച്ച ഒരുത്തൻ എന്നാണ് പറയുന്നത് നോക്കുക കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഭൂമിയിലേക്ക് വന്നു മുപ്പത്തിമൂന്നര വർഷം തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു അതിനുശേഷം കർത്താവ് മടങ്ങിപ്പോകാനുള്ള നിമിഷങ്ങൾ അടുത്തു മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ എന്നും ഓർക്കുകയും തന്നോടുള്ള ഭക്തിയിൽ അവർ മുതിർന്നു വരികയും വേണം എന്നുള്ളതുകൊണ്ട് കാണാവുന്ന ഒരു ചടങ്ങ് താന് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ബെസഹ കഴിക്കുന്ന പരിപാടി അവരെ സംബന്ധിച്ചിടത്തോളം പരിചിതമായിരുന്നു ആ രംഗത്ത് പെസഹ കഴിക്കുമ്പോഴവരെപ്പോഴും വരാൻ പോകുന്ന മശീയ്ക്ക് വേണ്ടി ഒരു അപ്പം മാറ്റിവെക്കുമായിരുന്നു കർത്താവിൻ്റെ ചെയ്തു സാധാരണ പെസഹ കഴിച്ചതിന് ശേഷം ആ അപ്പം എടുത്തു അപ്പമെടുത്തു എന്ന് പറയുമ്പോൾ ആ പ്രത്യേക അപ്പം അതായത് യഹൂദന്മാരൊക്കെയും വരാൻ പോകുന്ന മശിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ അപ്പം എടുത്തു കർത്താവ് ഒരു പുതിയ നിയമം അവരോട് ചെയ്യുകയാണ് ആ രംഗം വളരെ വിശദമായിട്ട് യോഹന്യാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇനിയും തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നൻ്റെ സുവിശേഷം നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ അതിൻ്റെ പന്ത്രണ്ട് അധ്യായം വരെ പതിമൂന്ന് അധ്യായം വരെ ഏകദേശം താന് ചെയ്ത പല കാര്യങ്ങളാണ് കർത്താവായി യേശു ക്രിസ്തു ചെയ്ത പല കാര്യങ്ങളാണ് എന്നാൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഈ മേശ അത് താന് പുനഃസ്ഥാപിച്ചതിന് ശേഷം അത് സ്ഥാപിച്ചതിന് ശേഷം പതിനാല് മുതൽ കർത്താവ് തന്നെ അവരോട് സംസാരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അധ്യായങ്ങളാണ് പതിനാല് 16 പതിനാറ് പതിനേഴാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് ഗസമനെ തോട്ടത്തിലേക്ക് പോകുന്നതും ക്രൂശീകരണവും ഒക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നാം അധ്യായം മുതൽ പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങൾ വരെ കർത്താവ് പല കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ നടുക്ക് ഈ മേശ കർത്തൃമേശ ആ ഒരു കാര്യം സ്ഥാപിച്ചു അതിനെ തുടർന്ന് താൻ പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടർന്ന് താന് ക്രൂശി മരണത്തിനായിട്ട് പോകുന്നു അങ്ങനെയുള്ള വളരെ നിർണായകമായ ഒരു രംഗമാണിത് നാം ഇന്ന് കർത്തർമേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ കർത്താവ് ഈ കാര്യം സ്ഥാപിച്ച ആ രംഗത്തെയൊക്കെ നമുക്കൊന്ന് നോക്കാം അവിടെ നമ്മൾ വായിച്ച വാക്യം എന്ന് അവിടെ പല കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ ഇതാ കർത്താവിൻ്റെ ചെയ്യുന്നു താന് അവിടെ താൻ ഈ ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു താനെഴുന്നേറ്റ് അവരുടെ കാല് കഴുകി കാല് കഴുകിയിട്ട് താന് എൻ്റെ അപ്പൻ തിന്നവൻ എൻ്റെ നേരെ കൊതികാലുയർത്തിയിരിക്കുന്നു ഈ കാര്യങ്ങളുമെല്ലാം പറയുന്നു ഇതിനൊക്കെ ശേഷം താന് മുന്നോട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രംഗത്ത് ഇതാ ഒരു ശിഷ്യനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നത് അവൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു എന്നാണ് ആ ശിക്ഷനെക്കുറിച്ച് യോഹന്നാൻ പ്രസ്താവിക്കുന്നത് യേശു സ്നേഹിച്ച ഒരുത്തൻ എന്നാണ് നമുക്കറിയാം യേശു സ്നേഹിച്ച ഒരുത്തൻ എന്നിവിടെ മൂന്നാമതൊരാളെക്കുറിച്ച് പറയുന്നത് പോലെ ആണ് പറയുന്നതെങ്കിലും യോഹന്നാൻ അവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ് തന്നെ കുറിച്ച് തന്നെയാണ് യോഹന്നാനായിരുന്നു കർത്താവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ട് ആ പ്രത്യേക മീറ്റിങ്ങിൽ അങ്ങനെ ആയിരുന്നത് ഒരാൾ മറ്റൊരാളുടെ നെഞ്ചത്ത് ചാരിക എന്നു വച്ചാൽ അത് കാണിക്കുന്നത് വലിയൊരു അടുപ്പത്തെയാണ് ഇവിടെ യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞേക്കുന്നത് ഒരുത്തൻ യേശു സ്നേഹിച്ച ഒരുത്തൻ കണ്ടോ യേശുവിനെ സ്നേഹിച്ച ഒരുത്തൻ എന്നല്ലേ സാധാരണ നമ്മൾ ചിന്തിക്കുക എന്നാൽ യോഹന്നാൻ വളരെ താഴ്മയോട് പറയുന്നു താനെ യേശുവിനെ സ്നേഹിച്ചു എന്നതിൽ തനിക്കൊരു അവകാശവാദമൊന്നുമില്ല മറിച്ചെന്താ യേശു എന്നെ സ്നേഹിച്ചു യേശു സ്നേഹിച്ച ഒരുത്തൻ പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട് പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ വീട്ടിൽ കൈക്കൊണ്ടു ഇതേ യോഹന്നാനെ അപ്പോഴും അവിടെയും യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല മറിച്ച് എന്താ ചെയ്യുന്നത് താൻ സ്നേഹിച്ച ശിഷ്യനും നേരത്തെ നമ്മൾ വായിച്ചതുപോലെ സ്നേഹിച്ച ഒരുത്തൻ എന്ന് പറയുന്നത് പോലെ സ്നേഹിച്ച ശിഷ്യൻ അതാരാണെന്ന് പറയുന്നില്ല പിന്നെ ഈ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യോഹന്നാൻ ആ സസ്പെൻസ് വെളിപ്പെടുത്തുന്നത് ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നോക്കുക പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു നമുക്കറിയാം പത്രോസ് ചോദിക്കുകയാണ് ഇവനെന്ത് സംഭവിക്കും കർത്താവ് ഇവനെന്ത് സംഭവിക്കും കർത്താവ് പറയുന്നു അവൻ എന്നേക്കും ജീവിച്ചിരിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമതാവിനാണെങ്കിൽ നിനക്കെന്താ നീ എന്നെ അനുഗമിക്കുക നീ നിൻ്റെ കാര്യം നോക്കുക എന്നൊക്കെ പത്രോസിനോട് പറയുന്ന രംഗമാണ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് വട്ടം ചോദിച്ച് ആ വളരെ ഹൃദയസ്പർശിയായ അധ്യായമാണ് ഇരുപത്തൊന്നാം അധ്യായം ആ ഇരുപത്തൊന്നാം തീരാറാകുമ്പോൾ ഇതാ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിഞ്ചൊല്ലുന്നത് കണ്ടിട്ട് ചോദിക്കുന്നു ഇവൻ എന്ത് സംഭവിക്കും എന്നിട്ട് പിൻചൊല്ലുന്നത് കണ്ട് എന്ന് പറഞ്ഞിട്ട് യോഹനവിടെ കുറച്ചുകൂടൊരു കാര്യത്തെക്കുറിച്ചൊരു ബോധ്യം കൊടുക്കുക ആ പിഞ്ചെല്ലുന്ന ശി യേശു സ്നേഹിച്ച ശിഷ്യൻ ആരാണ് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞ് ഇരുന്നവനാണിവൻ എന്ന് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നിട്ട് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായം ഒരു പ്രത്യേക പാരഗ്രാഫായിട്ടാണ് കൊടുക്കുന്നത് അവിടെയാണ് ആ സസ്പെൻസ് മറന്നീക്കി കാണിക്കുന്നത് ചില ആളുകൾ ചില പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആദ്യമൊന്നും പറയില്ല ഏ ഇങ്ങനെ നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തി ഇങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോയി കൊണ്ടുപോയി ഒടുവിലാണ് ആ ഇന്നാരാണ് അതിൻ്റെ എന്ന് പറയുന്നത് പോലെ നോക്കിയാൽ അത് അന്നത്തെ കാലത്ത് യോഹന്നാൻ അങ്ങനെയാണ് തൻ്റെ സുവിശേഷം എഴുതിയത് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു എന്ന് പറഞ്ഞ് തന്നെ തന്നെ അങ്ങ് മറ കാണിക്കുകയാണ് അപ്പോൾ ആരായിരുന്നു ഈ അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നവൻ ആരായിരുന്നു അത് യോഹന്നാനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യോഹന്നൻ യോഹന്ന സ്നാപകനല്ല പേരുകൾ ഒരേപോലൊക്കെ വരുന്നതുകൊണ്ട് തമ്മിൽ തെറ്റിപ്പോകരുത് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ കർത്താവ് തൻ്റെ കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാരിൽ ഒരാൾ ആ യോഹന്നനായിരുന്നു കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നത് ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ യോഹനാനത് പറയുന്നുണ്ട് ഇവനാണ് അന്ന് അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നവൻ എന്ന് എടുത്ത് പറഞ്ഞ് നമ്മുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് അത് താൻ തന്നെ എന്ന് എഴുത്തുകാരൻ രംഗത്തേക്ക് വന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് നമുക്ക് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുക അവിടെ ചെറുപ്പക്കാരാണ് എല്ലാവരും ഏറെക്കുറെ ഒരു പത്ത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ അവർ കൂടിയിരിക്കുക കൂടിയിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ നെഞ്ചോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണമായ ഒരു കാര്യമാണോ അല്ല അല്ല ഒത്തിരി പ്രായമുള്ള ഒരാൾ ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരാളുടെ അടുത്ത് ഒരു മുപ്പത്തഞ്ചുകാരൻ നെഞ്ചോട് ചേർന്നിരുന്നാൽ നമുക്കതിൻ്റെ അകത്ത് വലിയ അപാകതയൊന്നും തോന്നുകയില്ല പക്ഷേ ഇവിടെ എന്താണ് യോഹന്നാൻ ചെയ്തത് യോഹന്നാൻ ഏതാണ്ട് തൻ്റെ സമപ്രായമുള്ള യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരുന്നു നെഞ്ചത്ത് തല ചായിച്ചിരുന്നു കർത്താവിനോട് ഉള്ള അടുപ്പത്തെയാണത് കാണിക്കുന്നത് സ്വാഭാവികമായ രീതിക്കും അപ്പുറത്തേക്ക് കടന്ന് കർത്താവുമായിട്ട് വളരെ ഇൻറ്റിമേറ്റായ വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിച്ച ഒരാളാണ് യോഹനാൻ യോഹനാൻ അത് വിശദമായിട്ടിവിടെ പറയുകയും ചെയ്യുന്നു ഇരുപത്തി ഒന്നാം അധ്യായത്തിലും താൻ തന്നെയാണതെന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് യേശു തൻ്റെ കൂടെ നടക്കാൻ എപ്പോഴും താന് വളരെ അത്ഭുതങ്ങൾ ചെയ്യുകയും ആളുകൾ തൻ്റെ കൂടെ വരുന്ന ആളുകളുടെ ഭൗതികമായ ആവശ്യങ്ങളും ശ്രദ്ധിച്ച് രോഗസൗഖ്യം വേണ്ടവർക്ക് രോഗസൗഖ്യം അതുപോലെ ഭക്ഷണമില്ലാതെ പല ദിവസങ്ങളായിട്ട് വലയുന്ന ആളുകൾക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുക ഏഴപ്പം കൊണ്ട് ഏഴായിരം പേർക്ക് തൃപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഒരു ഏറിയ പുരുഷാരം ഒരു വലിയ ആൾക്കൂട്ടം കർത്താവിനോടൊപ്പം പോയിരുന്നു എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഏറിയ പുരുഷാരത്തിൽ തന്നെ പിന്നെയും ചില വേർതിരിവുകൾ നമുക്ക് കാണാൻ കഴിയും കർത്താവ് എഴുപത് പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അയച്ചതായിട്ട് കാണുന്നു ഏറിയ പുരുഷാരം അതിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത ഒരു എഴുപത് പേർ അതിൽ നിന്നും കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പന്ത്രണ്ട് ശിഷ്യന്മാർ എപ്പോഴും തന്നോടുകൂടെ ഇരിക്കാനായിട്ട് താൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാർ ആ പന്ത്രണ്ട് ശിഷ്യന്മാരിലും കുറച്ചുകൂടെ വളരെ നിർണായകമായ രംഗങ്ങളിലേക്ക് ഏച്ചു കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് ശിഷ്യന്മാർ പത്രോസായി ആക്കോബ് യോഹന് കണ്ടോ ഇവിടെ പിന്നെയും നമുക്കൊരു ഡിവിഷനൂടെ നടത്താം ഈ മൂന്ന് പേരിലും കർത്താവിൻ്റെ നെഞ്ചോട് ചാരിയിരിപ്പാൻ ധൈര്യം കാണിച്ച ഒരേ അതാണ് യോഹന് കണ്ടോ ഏറിയ പുരുഷാരം എഴുപത് പേർ പന്ത്രണ്ട് പേർ മൂന്ന് പേർ ഒരാൾ അങ്ങനെ വരുമ്പോൾ യോഹനാനെ കർത്താവുമായിട്ടുള്ള ബന്ധം എത്ര വലുതായിരുന്നു എന്നുള്ള കാര്യം നാമും ഇന്ന് ഈ കർത്തൃപേശയിലേക്ക് കരന്നിട്ടുമ്പോൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് എങ്ങനെയാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് കേവലം ചില കൽപ്പനകളുടെ യാന്ത്രികമായ അനുസരണമല്ല പല മതങ്ങളും അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക അല്ല അത് അത് അതാണവർ നിഷ്കർഷിക്കുന്നത് എന്നാൽ ക്രിസ്തീയത ഒരിക്കലും ചില യാന്ത്രികമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് കൊണ്ട് അതിനെ ആ നിലയിലല്ല അത് മതി എന്ന് പറയുന്നില്ല മറിച്ച് എന്താ കർത്താവുമായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം അതിനെപ്പോഴും ഊന്നൽ കൊടുക്കുന്നുണ്ട് ഒരു അടുപ്പം ഒരു സ്നേഹബന്ധം പഴയ നിയമത്തിൽ തന്നെ ഇതിൻ്റെ സൂചനയുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് അവിടെ അത് കൊടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് അതിനെ കൂടുതൽ കൂടുതൽ ഗൗരവമായിട്ട് പറയുക ചെയ്തു അപ്പോൾ കണ്ടോ ദൈവവുമായിട്ടൊരു സ്നേഹബന്ധം ആ നിലയിലുള്ള ഒരു അടുപ്പം അവൻ്റെ മാർവിൽ തല ഒരു ഇൻറ്റിമസി ഇതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കൽപ്പനകളുടെ അനുസരണം വേണം ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച മീറ്റിങ്ങിന് വരണം വെള്ളിയാഴ്ച മീറ്റിങ്ങുണ്ടെങ്കിൽ അതിന് വരും ശരിയാണ് കയ്യിലുള്ള പൈസ വല്ലതും ഉണ്ടെങ്കിൽ സ്ത്രോത്രാഴ്ച പാത്രത്തിലിടും ഇതെല്ലാം ചെയ്യുന്നു ശരിയാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും കർത്താവിനോട് വേണ്ട ഒരു സ്നേഹത്തിലല്ല ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ദൈവചനം വളരെ വ്യക്തതയോടെ പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരു ഒരു സ്നേഹബന്ധമായിരിക്കണം ഒരു ഭാര്യ ഭർത്തൃബന്ധത്തോട് ഇതിനെ ചേർത്ത പല രംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം പോലെ ഒരു ഭർത്താവ് വരുന്നു ഭാര്യ കൃത്യമായിട്ട് മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ വെക്കുന്നുണ്ട് കുളിക്കാൻ ചൂടുവെള്ളം മുപ്പത്തിരണ്ടര ഡിഗ്രി കൃത്യം ചൂടിലവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടു തോർത്ത് വേണം തോർത്താൻ അതുകൊണ്ട് ഒരു ചൂടുള്ള തോർത്ത് കുറച്ചും കൂടെ വലിയൊരു ടർക്കിട്ട പോലെ ഒക്കെ എല്ലാം കൃത്യമായിട്ട് വച്ചിരിക്കുന്നു പക്ഷേ ഇവർ തമ്മിൽ മിണ്ടിയിട്ട് അല്ലെ ഹൃദയബന്ധമുണ്ടായിട്ട് പല വർഷങ്ങളായെങ്കിൽ ഏത് ഭർത്താവിൻ്റെ ഹൃദയമാണ് തൃപ്തിപ്പെടുക അതേസമയം ഈ ഹൃദയബന്ധമുണ്ടെങ്കിൽ വെള്ളത്തിന് മുപ്പത്തിരണ്ടര ഡിഗ്രി അല്ല മുപ്പത് ഡിഗ്രി ഉള്ളെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തമാകുന്നുണ്ടല്ലോ ദൈവം തമ്മിൽ നിന്ന് ഒരു ഭാര്യാ ഭർത്തൃബന്ധം പോലെയുള്ള ഹൃദയബന്ധത്തിനാണ് ഊന്നൽ നൽകുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇൻറ്റിമസി വളരെ പ്രധാനമാണ് നമ്മൾ ഞായറാഴ്ച കാര്യങ്ങൾ മുടക്കുന്നില്ല കൃത്യമായിട്ട് ദശാംശം നൽകുന്നു കാര്യങ്ങളിൽ ഒരു തെറ്റുമില്ലാതെല്ലാം ചെയ്യുന്നു എങ്കിൽ പോലും ആന്തരികമായിട്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതൊരു സ്നേഹബന്ധം ഒരു അടുപ്പം ഒരു ഇൻറ്റിമസി അത് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ആട്ടെ നമുക്ക് ദൈവത്തോടൊരു ബന്ധം ഒരു ഇൻറ്റിമസി ഉണ്ടോ എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടോ നമ്മളിതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം വന്നു എന്നുള്ളത് ഒരു തെളിവായിട്ട് എടുക്കാമോ നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി അടുപ്പം അത് കൂടിക്കൂടി വരുന്നുണ്ടോ അതോ കുറയുകയാണോ ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഭാഗം തന്നെ മത്തായി എഴുതിയ സുശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ മത്തായി ഈ കാര്യം പറയുമ്പോൾ അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് കർത്താവ് പറയുന്നു ഈ അപ്പമൊക്കെ എടുത്തു കൊടുത്തു അതിനുശേഷം കർത്താവ് പറയുന്നു ഈ അപ്പം തിന്നവൻ തന്നെ എൻ്റെ നേരെ എന്തു ചെയ്യും കൂതികാല് ഉയർത്തും എന്നൊരു കാര്യം കർത്താവ് പറയുക ഇരുപത്തിയാറാമത്തെ അധ്യായം അതിൻ്റെ മറ്റ എഴുതി ശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിയൊന്നാമത്തെ വാക്യം മുതൽ അവൻ അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു നമുക്കാരെങ്ങോ ഒന്ന് വിഷ്വലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ താന് മനുഷ്യപുത്രൻ ഈ മനുഷ്യരുടെ കൈവശം ഏൽപ്പിച്ച് താനെ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന പറഞ്ഞു എന്നിട്ട് അവരുമായിട്ട് ഈ അത്താഴം കഴിപ്പാൻ താൻ എത്ര നാളായിട്ട് കാത്തിരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് സെൻറ്റിമെൻ്റലായിട്ട് ചില കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് താൻ ഒരു ഇടുത്തി പോലെ ഇവരോടൊരു കാര്യം പറയുക നിങ്ങളെല്ലാവരും കൂടെ കൂടി ഈ അത്താഴമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളിലൊരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും പണം വാങ്ങി എന്നെ ഒറ്റ കൊടുക്കും എന്ന് പറഞ്ഞു ഇരുപത്തിയൊന്നാമത്തെ വാക്യം മത്തായി ഇരുപത്തി ആറിൻ്റെ ഇരുപത്തി ഒന്ന് എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി ഞാൻ പറയാൻ വന്നത് ഈ ശിഷ്യന്മാർ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന യോഹന്നാനെ സംബന്ധിച്ച് നോക്കുക യോഹന്നാൻ എന്താ യോഹനാൻ കർത്താവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരിക്കുന്നവനാണ് അവനുൾപ്പെടെയുള്ള ആളുകളോട് പറയുകയാണ് നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ ഓരോരുത്തരും ചോദിക്കുക കർത്താവ് അത് ഇനി ഞാനോ മറ്റോ ആണോ പത്രോസ് ചോദിച്ചു യോഹനാനും ചോദിച്ചു കർത്താവ് ഇനി ഞാനോ അപ്പോൾ അത് കാണിക്കുന്നത് അതെന്താ കാണിക്കുന്നത് യോഹനാൻ കർത്താവിനെ പണം കൊടുത്ത് ഒറ്റ കൊടുക്കുമോ ഇല്ല ജീവൻ പോയാലും അവനത് ചെയ്യുകയില്ല അവനത് ഉറപ്പുണ്ട് അവൻ്റെ ജീവിതത്തെ ഇത്രയും അത്യായങ്ങൾ വായിച്ചു വന്ന് നമുക്കത് ഉറപ്പുണ്ട് പക്ഷേ ഈ രംഗത്ത് യോഹന് ഞാൻ തന്നെ തന്നെ നോക്കുമ്പോൾ താന് സംശയിച്ചു പോകുക ഞാൻ കർത്താവിനോടൊപ്പം ഇത്രയും നാൾ നടന്നു അവനോടൊപ്പം അവനൊരു സ്നേഹമാണെന്ന് പറഞ്ഞു പക്ഷേ സത്യത്തിൽ ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പം ഞാനോ മറ്റോ ആണോ ഇനിയും പണം വാങ്ങിച്ച് ഇവനെ ഉറ്റുകൊടുക്കുന്നത് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളാണ് ഈ രംഗത്തെങ്കിൽ നമ്മളെന്തോ പറയുന്നത് നമ്മളാണ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് പേരാണ് ഈ രംഗത്തുള്ളത് കർത്താവ് പറയുക നിങ്ങളിൽ ഒരുത്തൻ തന്നെ ഉറ്റുകൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലോയൽറ്റി കാണിക്കാനായിട്ട് ഒരു സത്യപ്രസ്താവന നടത്തും ഏഹ് വേറെ ആര് ഉറ്റുകൊടുത്താലും ഞാൻ എന്തു ചെയ്യല ഞാൻ ഉറ്റുകൊടുക്കുകയില്ല എന്നല്ലേ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് പറയുക എന്നാൽ ഇവിടെ കണ്ടോ ഇവർ നേരെ തിരിച്ച ഇവർ പറയുക കർത്താവ് ഇനി അത് ഞാനോ മറ്റോ ആണോ ഞാനോ മറ്റോ ആണോ അപ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒരു ധൈര്യമില്ല അവരിൽ തന്നെ ഒരു ഉറപ്പില്ല ഉറപ്പില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു തന്നെ ഈ നിലയിൽ പണം വാങ്ങി തങ്ങളുടെ ഗുരുവിനെ ഒറ്റ കൊടുക്കണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും കർത്താവിനേക്കാൾ കവിഞ്ഞ് പണത്തെ സ്നേഹിക്കുന്നവനാണ് പാപത്തെ ആ നിലയിൽ താലോലിക്കുന്നവനാണ് അവരവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ പാപകരമായിട്ടൊന്നുമില്ല എന്നാലും ഒരു പക്ഷേ ഇനി ഒരു പാപത്തിൽ വീണു പോകുമോ എന്നുള്ള നിലയിൽ ഞാനോ മറ്റോ ആണോ എന്ന് പറയുമ്പോൾ അതിനെ ആരോഗ്യകരമായ ഒരു ഭയമായിട്ട് നമുക്കതിനെടുക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിനോടുള്ള നമ്മുടെ ഇൻറ്റിമസി നമ്മുടെ അടുപ്പം അതെന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധം അതാണ് സത്യത്തിൽ അതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ട് കർത്താവിനോട് സ്നേഹമുണ്ട് കർത്താവിനോട് അടുപ്പമുണ്ട് അതെങ്ങനെയാ തെളിയുന്നത് നാൾ കഴിയും തോറും നമ്മൾ കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്ത് വരുന്നുണ്ടോ നമ്മൾ പാട്ടിൽ പാടുന്ന പോലെ ഇന്നലെക്കാൾ ഇന്ന് ഞാനെൻ പ്രിയനോട് കൂടുതൽ അടുത്തു നമ്മൾ ശരിക്കും അങ്ങനെ അടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവെന്താ തെളിവെന്ന് പറയുന്നത് ഇന്നലെ നമുക്ക് പാപകരമായി തോന്നാത്ത ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് പാപകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനോട് കൂടുതൽ അടുത്തു വരുതോറും നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് അതാണ് കർത്താവുമായിട്ട് അടുത്തു വരുന്നു കർത്താവുമായിട്ട് കൂടുതൽ ഒരു അടുപ്പമുണ്ട് നാളെ കഴിയും തോറും കർത്താവിനോട് അങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ പലപ്പോഴും പൗലോസിൻ്റെ ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ ഒന്ന് കൊരിന്തിയർ എല്ലാം നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട് നമുക്ക് എടുത്ത് വായിക്കണ്ട ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ പറയുന്നു ഞാന് അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എഫ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് തന്നെ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നു ഒടുവിൽ ഒന്ന് തീമത്തിയോസ് ഒന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് എന്താ ഞാൻ പാപികളിൽ ഒന്നാമൻ ഇവിടെ ഒരു ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ആദ്യം എഴുതിയ താരതമ്യേനെ ഒരു ലേഖനത്തിൽ പൗലോസ് തന്നെ നോക്കുമ്പോൾ ഞാൻ ചെറിയവനാണ് പക്ഷേ ആരേക്കാ ചെറിയവൻ ഈ അപ്പോസ്തലന്മാരെക്കാളൊക്കെ എന്നുവെച്ചാൽ പത്രോസും ഈ അക്കോബും ഈ യോഹനാനും ഒക്കെ കർത്താവിൻ്റെ കൂടെ നടന്നു എനിക്കതിന് ഭാഗ്യമുണ്ടായില്ല പൗലോസ് തന്നെ പിന്നൊരിക്ക പറയുന്ന ഒരു അകാലപ്രജ പോലെ എന്നുവെച്ചാൽ അങ്ങനെ പ്ലാൻ ചെയ്തില്ല അല്ലാതെ അസമയത്തുണ്ടായ ഒരു കുട്ടിയെപ്പോലെ ഒരു അകാലപ്രജ പോലെ ഞാനും എന്തായിത്തീർന്നു ഞാനും ഈ നസ്രാൻ്റെ പിന്നാലെ വരേണ്ടി വന്നു അല്ലാതെ എനിക്കിതിനൊന്നും യോഗ്യതയില്ല എന്ന് താൻ പറയുന്നു അങ്ങനെ പറയുന്ന പൗലോസ് ഒന്ന് കൊരിന്തേർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ താൻ തന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ കൂടെ നടന്ന എല്ലാ അപ്പോസ്തലന്മാരെക്കാളും ചെറിയവനാണ് എന്നെക്കൂടെ അപ്പോസ്തലനാക്കി ജാതികളുടെ അപ്പോസ്തലൻ എന്നൊരു കാര്യം എനിക്ക് തന്നിട്ടുണ്ട് തൻ്റെ അപ്പോസ്തലത്തത്തെക്കുറിച്ച് പൗലോസ് എഴുതുന്നുണ്ടല്ലോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പം താനൊരു അപ്പോസ്തലനാണ് തീർച്ചയായിട്ടും എന്നാൽ തൻ്റെ അപ്പോസ്തലത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ നിഗമനം എന്താ ഞാൻ മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാളും ചെറിയവനാണ് എഫ് എ സി കൈതി ലേഖനത്തിലേക്ക് വരുമ്പോൾ അതാ അവിടെ നിന്ന് ഒരു പടിയൂടെ താൻ തന്നെ തന്നെ താഴ്ത്തിയാണ് പറയുന്നത് എഫ് എ സർ കൈതി ലേഖനം അതിൻ്റെ മൂന്നാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് കൊരിന്തി ലേഖനത്തിൽ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണെന്ന് പറഞ്ഞു ഇവിടെ ഇതാ എഫ് ലേഖനത്തിലേക്ക് വരുമ്പോൾ സകല വിശുദ്ധന്മാരും അപ്പോസന്മാരല്ലാതെ വിശ്വാസികളായ ആളുകളില്ലേ അവരുടെ കൂട്ടത്തിലും എനിക്കെന്താ അവരെക്കാളുമൊക്കെ ചെറുതാണ് ഞാൻ ഇത് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മൾ പലരും പറയുന്ന പോലൊരു ഭംഗി വാക്കല്ലെന്ന് നമുക്കറിയാം കർത്താവിൻ്റെ എളിയദാസൻ എന്നൊക്കെ ചിലർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചാലും എളിയദാസൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കണം അദ്ദേഹം അത്ര എളിയവനല്ലെന്ന് നമ്മൾ കണ്ടെത്തും അങ്ങനെ ഒരു ഭംഗി വാക്കല്ല തന്നെ പറയുന്നത് മറിച്ച് എന്താ പറയുന്നത് ഞാൻ ഒരു രംഗത്ത് കൊരിന്തിർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസന്മാരിൽ ഏറ്റവും ചെറിയവനായിരുന്നു കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് എഫ് എസിർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായി അത് കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് തീമത്തിയോസാണല്ലോ കർത്താവിൻ്റെ പൗലോസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനം അതിന് മുമ്പ് ഒന്ന് തീമത്തിയോസിൽ പൗലോസ് അതിൻ്റെ ഒന്നാമധ്യായം പതിനഞ്ചിൽ പറയുന്നു ഞാന് പാപികളിൽ അപ്പോസലനല്ല വിശുദ്ധനല്ല പാപികൾ ആ പാപികളിൽ ഒന്നാമനാണ് എന്ന് താൻ പറയും തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ കർത്താവിനോട് കൂടുതൽ ഓരോ വർഷം കഴിയും അടുത്ത് നടന്ന ഒരാളാണല്ലോ പൗലോസ് അപ്പം ഈ മൂന്ന് വാക്യങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ് താന് വർഷങ്ങൾ കഴിയും തോറും താനെ കൂടുതൽ അടുത്തു ആ അടുത്തതിൻ്റെ ലക്ഷണമായിട്ട് താൻ തന്നെ തന്നെ കൂടുതൽ കൂടുതൽ ചെറിയവനായിട്ടും താൻ്റെ പാപത്തെക്കുറിച്ചുള്ള തൻ്റെ ബോധ്യം ഒടുവിൽ പറയുന്നത് പാപികളിൽ പാപികളിൽ ഒരുവെന്നുമല്ല പാപികളിൽ ഒന്നാമൻ എന്ന് പറയുമ്പോൾ ഭംഗിവാക്കല്ലെങ്കിൽ നമുക്കറിയാം അത് ഹൃദയത്തിൽ തട്ടി നെഞ്ചത്ത് കൈവെച്ച് പറയുമ്പോൾ തനിക്ക് തന്നെക്കുറിച്ചുള്ള ആ പാപബോധം എത്ര വർദ്ധിച്ചു എന്ന് കണ്ടെത്താൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ വർഷം പാപകരമെന്ന് തോന്നാത്ത പല കാര്യങ്ങൾ ഇന്ന് പാപകരമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോൾ പറയാൻ പറ്റുന്നില്ലേ അങ്ങനെയുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് കർത്താവിനോടുള്ള ഒരു അടുപ്പം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കർത്താവുമായിട്ടുള്ള അടുപ്പമാണല്ലോ ഈ അടുപ്പത്തിന് തെറ്റിക്കൂടാത്ത മാറിക്കൂടാത്ത ഒരു തെളിവെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ തന്നെ കണ്ണിൽ കൂടുതൽ ചെറിയവരായിട്ടും നമ്മുടെ തന്നെ പാപത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം കിട്ടുന്നവരായിട്ടും കൂടുതൽ ദൈവസന്നിധിയിൽ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ പാപത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം കിട്ടും ഇത് ഏതെങ്കിലും പാപം വലിയ ഒരു പാപമൊന്നുമല്ല ചെയ്തത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഈ ഒന്ന് തീമത്തി ദിവസം ഒന്നാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം എടുത്ത് പറയാറുണ്ട് അവിടെയൊക്കെ നമ്മൾ പറയാറുണ്ട് പൗലോസ് എന്താ പൗലോസ് ഏതാണ്ട് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തില്ല പാവിയിൽ ഒന്നാമൻ എന്ന് വിശേഷിപ്പിക്കാൻ എന്തെങ്കിലും പത്ത് കൽപ്പനകളിൽ ഏതെങ്കിലും ലംഘനം കാണിച്ചോ ഒന്നും കാണിച്ചില്ല താൻ അപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വളരെ വിശുദ്ധനാണ് വിശുദ്ധനായ പൗലോസ് എന്നാണ് പറയുന്നത് പക്ഷേ പൗലോസ് തന്നെ തന്നെ കാണുമ്പോഴോ നാള് തൻ്റെ പാപബോധം വർദ്ധിച്ചു വരുന്നുണ്ട് അതാണ് താൻ കർത്താവിനോട് കൂടുതൽ അടുത്ത് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്കറിയാമല്ലോ നമ്മളൊരു വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ കാണാതിരുന്ന ആ നിലയിലുള്ള കറയും കളങ്കവും ഒക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാകും ഒരു വെളിച്ചം ഇവിടെയുണ്ട് അതിൽ നിന്ന് അനേകം നാഴിക ദൂരെ നിൽക്കുമ്പം നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ വെളിച്ചത്തോട് അടുത്തടുത്തടുത്ത് വരുംതോറും നമ്മളിട്ടിരിക്കുന്ന ആ ഡ്രസ്സിലെ ചെറിയ കളങ്കങ്ങൾ പോലും ചെറിയ കറകൾ പോലും നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായിത്തീരും അപ്പോഴും പൊതുജനം പറയും അയ്യോ അദ്ദേഹമോ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഒരു കുഴപ്പമില്ല ഏ എന്നെല്ലാം ആളുകൾ പറയും പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് പറയാൻ ഒക്കുന്നത് ഓ ഞാന് ഞാനെ പാപികളിൽ ഒന്നാമൻ അല്ലെങ്കിൽ എൻ്റെ പാപബോധം വർദ്ധിച്ചു വരുന്നു ഇന്നലെ പാപമെന്ന് തോന്നാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഇന്നെനിക്ക് വിളിച്ചം കിട്ടുന്നു സഹോദര സഹോദരി എൻ്റെയും നിൻ്റെ അവസ്ഥ അതാണെങ്കിൽ അതാണ് കർത്താവുമായിട്ട് ഇൻറ്റിമേറ്റായ ഒരു ബന്ധം തുടരുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വളർച്ചയുണ്ട് എന്നുള്ളതിൻ്റെ മാറിക്കൂടാത്ത തെളിവ് സാധാരണ ക്രിസ്തീയ ലോകത്ത് ഇങ്ങനെ ആരും പറയാറില്ല സാധാരണ ക്രിസ്തീയ ലോകത്ത് എന്താ പറയുന്നത് ആത്മീയത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ ഇന്നലെ ഒരു ഒരു മിനിറ്റ് സാക്ഷ്യം പറഞ്ഞെങ്കിൽ ഇന്ന് അരമണിക്കൂർ പ്രസംഗിക്കുന്ന ആളായി ആ ഇന്നലെ ആഴ്ചയിൽ രണ്ട് മീറ്റിങ്ങിനെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഏഴ് മീറ്റിങ്ങിനും പോകുന്നു പണ്ട് നൂറ് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആയിരം രൂപ കൊടുക്കും ചെയ്യുന്ന ചില പ്രവൃത്തികളെ ആസ്പദമാക്കിയാണ് ഒരാളുടെ ആത്മീയതയെ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീ ക്രിസ്തീയ ലോകം അതിനെ അളക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ ദൈവത്തിന് പ്രധാനം ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ആന്തരികത ഹൃദയന്നില അതെങ്ങനെയിരിക്കുന്നു അതാണ് ദൈവം നോക്കുന്നത് ഇവിടെ ഇതാ യോഹനാൻ യോഹനാൻ എന്തുണ്ടായിരുന്നു യോഹനാൻ പല കാര്യങ്ങൾ കൃത്യമായിട്ടെല്ലാം ചെയ്തു തീർച്ചയായിട്ടും കർത്താവിനോട് ചെ പറഞ്ഞതെല്ലാം അനുസരിച്ചു അനുസരിച്ചത് കൂടാതെ കർത്താവുമായിട്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കത്തക്കവണ്ണം ഒരു ഇൻ്റിമസി അടുപ്പം യോഹനാനുണ്ടായിരുന്നു ഇന്ന് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുമായിട്ട് ഒരു ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ പറഞ്ഞതെന്താ നമ്മൾ കർത്താവുമായിട്ടുള്ള അടുപ്പം കൂടി വരുമ്പം നമ്മുടെ പാപബോധം കൂടി വരുമെന്നാണ് പറഞ്ഞു പാപബോധം കൂടി വന്നാൽ നമുക്ക് കർത്താവിനോട് ഇത്രയും കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കത്തക്കവണ്ണമുള്ള അതിനുള്ള ധൈര്യമുണ്ടാകുമോ ധൈര്യം കുറഞ്ഞല്ലേ പോകുന്നത് പാവബോധം കൂടി വന്നാലും അയ്യോ അയ്യോ ഞാൻ വലിയ പാവിയാണേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഓടി ഒളിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിന് വിരുദ്ധമായ ഒരു കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത് എന്താ അതിൻ്റെ അതിൻ്റെ പലപ്പോഴും ക്രിസ്തീയതയിലെ ചില കാര്യങ്ങൾ നമ്മൾ പുറം വളരെ നിസ്സാരമെന്ന് തോന്നും പക്ഷെ അതിനെ നമ്മൾ ആ ദൈവസന്നധിയിൽ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വെളിച്ചം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം തന്നെ നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു വന്നത് കർത്താവുമായിട്ടുള്ള നമ്മുടെ അടുപ്പം അത് വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധമാണ് അതിനുള്ള മാറിക്കൂടാത്ത തെളിവ് എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ പാപബോധം വർദ്ധിച്ചു വന്നാൽ യോഹന്നാനെ പോലെ നെഞ്ചത്ത് ചേർന്നിരിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുമോ നമ്മൾ അവിടെ ഓടി ഒളിക്കുകയല്ലേ അതിനെന്താ മറുപടി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഓ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ചൊരു ബോധ്യം കിട്ടുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കതിനോട് റിയാക്റ്റ് ചെയ്യാം ഒന്ന് ഒന്നെന്ന് പറയുന്നത് അത് നമ്മളെ ഒരു കുറ്റബോധത്തിലേക്ക് അനാവശ്യമായ ഒരു കണ്ടംനേഷനിലേക്ക് കൊണ്ടുപോകും റോമറിട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താ പറയുന്നത് ഇപ്പോൾ യേശു ഒരു ഒരു കുറ്റം വിധിയുമില്ല ഒരു കുറ്റം വിധി മലയാളത്തിലെ ട്രാൻസ്ലേഷൻ നമുക്കറിയാമല്ലോ കണ്ടംനേഷൻ എന്നുള്ളതിന് ശിക്ഷാവിധി എന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് എന്നാലത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടംനേഷൻ കുറ്റ കുറ്റംവിധിയില്ല കുറ്റംവിധിയില്ല ചിലപ്പോൾ നമ്മുടെ പാപാവസ്ഥ സാധാരണഗതിയിൽ ആളുകളെ ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുവരാം എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ നിലയിലുള്ള അടുപ്പം കൊണ്ട് നമുക്ക് വർധിച്ചു വരുന്ന ഒരു പാപബോധം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റേയില്ല മറിച്ചെന്തി ചെയ്യും കർത്താവിനോട് കൂടുതൽ അടുത്ത് കൊണ്ടുവരും കർത്താവിൻ്റെ നെഞ്ചിൽ തല ചായ്ക്കത്തക്കവണ്ണം ടുപ്പത്തിലേക്ക് കൊണ്ടുവരും ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളിത് പറയുമ്പോൾ വെറുതെ നമുക്ക് പറയാനൊക്കെ ഇല്ലല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് ആ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഷിമോൻ പത്രോസ് അത് കണ്ടിട്ട യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു കർത്താവ് കാണിച്ചാൽ അത്ഭുതം ഇതിനു മുമ്പ് പലവട്ടം പത്രോസിനെ തന്നോട് കൂടെ കൂടെ നടക്കാനായിട്ട് കർത്താവ് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ അവൻ അതെല്ലാം വിട്ടയച്ച് പിന്നെയും പിന്നെയും ആ വിളിക്ക് ചെവി കൊടുക്കാതെ മടങ്ങിപ്പോയവനാണ് ഒടുവിൽ അവനെ സന്ധിക്കുന്ന ഒരു രംഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് മാറ്റി അവൻ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി ഇത് കണ്ടപ്പോൾ അവൻ തകർന്നു പോയി കേവലം മീനല്ല ഇത്രയും വലിയ ഒരാൾ എന്നെ നേരത്തെ വിളിച്ചിട്ട് ഞാനിത് ഗൗരവമായിട്ട് എടുത്തില്ലല്ലോ ഞാൻ പിന്നെയും എൻ്റേതായ വഴിക്ക് പോയല്ലോ എന്ന പാപബോധത്തിൽ ശ്രീമോൻ പത്രോസ് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുക കർത്താവേ ഞാൻ പാവിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു വിട്ടുപോണമേ എന്ന് പറഞ്ഞു അവിടെ കൊണ്ട് അവസാനിച്ചില്ല അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ സകലവും വിട്ട് അവനെ അനുഗമിച്ചു ഇതാണ് ഒരു കുറ്റബോധമില്ലാത്ത അതായത് കണ്ടംനേഷൻ ഇല്ലാത്ത ആരോഗ്യകരമായ പോസിറ്റീവായ ഒരു സിൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇതാണ് പാപബോധമെന്ന് പറയുന്ന ഇതാണ് എന്താ നമുക്ക് നമ്മുടെ പാപം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകും കർത്താവേ ഞാനിതിന് യോഗ്യനല്ല നീ എന്നെ വിട്ടുപോകണേ എന്നു പറയും പക്ഷേ പക്ഷേ ഫലത്തിൽ എന്താണ് പത്രോസ് ചെയ്തത് പത്രോസ് എല്ലാം വിട്ട് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കാനായിട്ടങ്ങ് പോയി സകലവും വിട്ട് അവൻ്റെ കൂടെ നടന്നു എന്നെ വിട്ടു പോണേ എന്നായിരുന്നു പത്രോസ് ആദ്യം പറഞ്ഞത് പക്ഷേ പത്രോസ് എന്തോ ചെയ്തു തൻ്റെ എല്ലാം വിട്ട് യേശുവിൻ്റെ കൂടെ പോയി നമുക്കറിയാം പത്രോസാ ചെയ്തത് യോഹനാൻ യേശുവിൻ്റെ നെഞ്ചത്തേക്ക് തല ചായച്ചതുപോലെ ഇൻറ്റിമേറ്റായ ഒരടുപ്പത്തിലേക്ക് വന്നതാണ് ആ അടുപ്പത്തിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു പാപബോധത്തിലൂടെയായിരുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടെത്തുന്നത് സൗര സൗരി ഞാൻ പറഞ്ഞ് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാൾ കഴിയുംന്തോറും ആത്മീയ കാര്യങ്ങളോട് കർത്താവിനോട് അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു പാപബോധം അത് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും എന്താ പലർക്കും ഈ ആത്മീയ കാര്യങ്ങളോട് ആദ്യമൊക്കെ വരുമ്പോൾ എന്തുണ്ട് ഒരു വലിയൊരു ഏവ്സം ഫീലിംഗ് ഉണ്ട് ഓ അയ്യോ വലിയവനായത്യ്യോ എനിക്കിതിനൊന്നും അർഹതയില്ല എന്നാൽ ആ ആൾ സഭയെ വന്നു ആദ്യം പാട്ട് അദ്ദേഹത്തെ നിയമിച്ചു ട്രംപേർ കൊട്ടാൻ അനുവദിച്ചു അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിപ്പം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തായിത്തീർന്നു ഒരു സീനിയർ ബ്രദറായിത്തീർന്നു സീനിയർ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തില്ല അദ്ദേഹത്തിന് പഴയ പാവ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ എനിക്ക് എനിക്ക് ചെയ്യാം അദ്ദേഹം മറ്റൊരാളോട് പറയുന്നത് നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആദ്യത്തെ ആ ഒരു ആ നിലയിലുള്ള ഒരു അവസം ഫീലിങ് അയ്യോ എന്നുള്ള ഒരു അതിൻ്റെ മുമ്പാകെയുള്ള ഒരു അത്ഭുത സ്തപ്തനായിട്ട് പേടിയോടെ നിൽക്കുന്ന ആ ഒരു കാര്യം മാറിപ്പോയി മാറിപ്പോയി കാര്യം അദ്ദേഹം സീനിയറായിത്തീർന്നു ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് എന്നാൽ യഥാർത്ഥ ദ ദൈവവ വഴിയിൽ നടക്കുന്നത് എന്താ നമ്മൾ കണ്ടത് ഈ നിലയിൽ പത്രോസിന് ഒക്കെ ഉണ്ടായതുപോലെ ഒരു പാപബോധം വർദ്ധിച്ചു വരണം പക്ഷെ ആ പാപബോധം യഥാർത്ഥ പാപബോധമാണെങ്കിൽ അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ നെഞ്ചിൽ തന്നെ നമ്മളെ തന്നെ അർപ്പിക്കത്തക്കവണ്ണമാണ് ആ ഒരു വഴി നമ്മളെ നടത്തുന്നത് കാരണം നമ്മൾ നമ്മുടെ പാപാവസ്ഥ കാണുമ്പോൾ നമുക്കെവിടെ പോകാൻ ഒക്കും നമ്മുടെ പാപത്തിന് കർത്താവിൻ്റെ അടുത്ത് മാത്രമേ കഴുകലുള്ളൂ കർത്താവേ ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ നിൻ്റെ അടുത്തല്ലാതെ എനിക്കെവിടെയാണ് ഒരു പാപമോചനമുള്ളത് എന്ന നിലയിൽ നമ്മൾ കർത്താവിനോട് അടുത്ത് ചെല്ലും ഈ കാര്യം കർത്താവ് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ പതിനെട്ടാമധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇതൊന്നും നമ്മളെടുത്ത് വായിക്കുന്നില്ല സഹോദര സഹരി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ദേവാലയത്തില് രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി എന്നുവെച്ചാൽ ദൈവസാന്നിധ്യം പഴയ നിയമത്തിൽ അങ്ങനെയാണല്ലോ ദേവാലയത്തിലാണ് ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യത്തിലേക്ക് രണ്ടു പേര് ചെന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നോക്കുക നമ്മൾ ദൈവീക കാര്യങ്ങളോട് അടുത്ത് വരുമ്പോ നമുക്ക് തോന്നുന്നത് ഞാൻ എത്ര ഭേദം ഞാൻ മറ്റുള്ളവരെക്കാളും എത്ര ഭേദം ആ പരീശൻ്റെ മനോഭാവം ലോകോസിൻ്റെ അസോസിൽ പതിനെട്ടാമധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പരീശൻ എന്താ പറയുന്നത് പരീശൻ പറയുന്നത് ഞാൻ എന്തല്ല ശേഷം മനുഷ്യരെ പോലല്ല അപ്പോൾ അവൻ്റെ നോട്ടത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒരു വശത്ത് ഞാൻ മറുവശത്ത് ശേഷം മനുഷ്യർ ശേഷം മനുഷ്യരെല്ലാം കുഴപ്പക്കാർ ഞാൻ ഒരുവൻ മാത്രം എല്ലാം കൃത്യമായി ചെയ്യുന്നു പതാരം കൊടുക്കുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ഞാനെന്താ ചെയ്യാത്തത് ഓ അതേസമയം തന്നെ അവിടെ എന്താ സംഭവിച്ചത് അവിടെ ആ ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തം മാറിത്തടിച്ചു സെയിൻറ്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സെൻറ്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ ആ ചുങ്കക്കാരൻ സ്വന്തം നെഞ്ചത്തടിക്കുമ്പോൾ അവൻ പറഞ്ഞത് ദൈവമേ കർത്താവേ ഈ നെഞ്ചിൻ്റെ അകത്തുള്ള ഇവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പാപി ദ സിന്നർ വൺ ഓഫ് ദ സിന്നേഴ്സ് എന്നല്ല ഇംഗ്ലീഷിൽ നമ്മളത് വായിച്ചാലറിയാം ഐ ആം ദ സിന്നർ ദ സിന്നർ ദ എന്ന ആർട്ടിക്കളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദ എന്നു വെച്ചാൽ എന്താ ഈ ലോകത്താകെപ്പാടെ ഒരൊറ്റ പാപിയേ ഉള്ളൂ ആ പാപിയാണ് ദാൻഡിത് ഈ നെഞ്ചിനകത്തുള്ള ഈ ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഈ പാപബോധം ഒരു ചുങ്കക്കാരൻ നിൽക്കുന്നു പരീശൻ നിൽക്കുന്നു നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളിവരിൽ ആരെപ്പോലെ ആയിത്തീർന്നു നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് പാപബോധം വർദ്ധിച്ചു വന്നിട്ടുണ്ടോ അതോ ചുങ്കക്കാരനെ പോലെ ആയിട്ടുണ്ടോ നമ്മൾ നമ്മളെ തന്നെ അല്ല ചുങ്കക്കാരനെ പോലെ പാപബോധം വർദ്ധിച്ചു വന്നിട്ടുണ്ടോ അതോ പരീശനെ പോലെ സ്വയം അഭിനന്ദിക്കുന്ന ഒരു നിലയിൽ ഞാനാണ് മറ്റെല്ലാവരേക്കാണ് ഭേദം എന്നുള്ള നിലയിൽ പാപബോധമില്ലാത്തവരായി തീർന്നിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമുക്കെന്തില്ല കർത്താവുമായിട്ട് അടുപ്പമില്ല നമുക്കവിടെ അറിയാമല്ലോ ഈ രണ്ട് പേരിൽ അവസാനം കർത്താവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ആരെയാണ് ഞാൻ പാപിയെന്ന് പറഞ്ഞ ആ ചുങ്കക്കാരനെയാണ് കർത്താവ് അല്ലെങ്കിൽ ദൈവം തൻ്റെ മാറോടണച്ചത് പരീശൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പാപബോധമില്ലാത്ത പരീശൻ അവൻ നീതികരിക്കപ്പെടാതെ പോയി എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധം ദൈവത്തോടുള്ള ഒരു അടുപ്പത്തിൻ്റെ തെളിവാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവം ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവെന്താ നമ്മുടെ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു കുട്ടികളുടെ എല്ലാം വിവാഹം കൃത്യസമയത്ത് നടന്നു എല്ലാം ഓഫീസിൽ കൃത്യമായിട്ട് നമുക്ക് പ്രമോഷൻ കിട്ടുന്നു അവനെ മാനിക്കുന്ന അപ്പം നമ്മൾ ചില വാക്യങ്ങളൊക്കെ കണ്ടുപിടിക്കും അവനെ മാനിക്കുന്നവരെ അവൻ മാനിക്കൂ ഞാനെന്ത് ചെയ്തു ഞാൻ അവനെ മാനിക്കൂ അവനിപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല എന്നെ മാനിക്കാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഭൗതികമായ കാര്യങ്ങളിലുള്ള അനുഗ്രഹമാണോ അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഞാൻ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഉടനടി സൗഖ്യം ലഭിച്ചു അതാണോ പ്രിയ ഞാൻ സസ്പെൻസ് നീട്ടുന്നില്ല ഞാൻ തന്നെ ചോദ്യവും ചോദിക്കാൻ ഞാൻ തന്നെ ഉത്തരവും പറയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം തമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ക്രിസ്തു തുല്യമല്ലാത്ത മനോഭാവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം ദൈവം തമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവേ ഉള്ളൂ ആ തെളിവെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രിസ്തു തുല്യമല്ലാത്ത യേശുവിൻ്റെ സ്വഭാവത്തോടെ അനുരൂപമല്ലാത്ത നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് അതാണ് എന്താ അങ്ങനെ പറയാൻ കാര്യം റോമർ കെഴുതി ലേഖനം എട്ടാമധ്യായ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ഉത്തരിക്കാറുള്ള വാക്യം ആ വാക്യങ്ങൾ അനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവം നമുക്ക് ചെയ്യാവുന്ന ആത്യന്തിക നന്മ എന്താ ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല സമയ കൊണ്ട് വായിക്കുന്നില്ല അവിടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നൽകുന്ന സകേലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നു ഒരു ആത്യന്തിക നന്മ എന്നിട്ടാ നന്മ എന്താണെന്ന് അടുത്ത വാക്യത്തെ വിശദീകരിക്കുന്നു അതെന്താ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതാണ് ഏറ്റവും നമുക്ക് തരാവുന്ന ഏറ്റവും വലിയ നന്മ അപ്പം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ നമ്മുടെ ബിസിനസ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലി കിട്ടുന്നു എന്നുള്ളതല്ല നമുക്ക് പ്രമോഷൻ കൃത്യമായിട്ട് കിട്ടുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം കൃത്യമായിട്ട് മറുപടി കിട്ടി ചോദിച്ചതുപോലെ തന്നെ ദൈവം ചെയ്തു എന്നുള്ളതല്ല നമുക്ക് കിട്ടാവുന്ന ആത്യന്തിക നന്മ ഏറ്റവും വലിയ സുപ്രീം ആയിട്ടുള്ള ദൈവം നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മയെങ്കിൽ ആ നന്മയിലേക്ക് ആ നന്മയിലേക്ക് നമ്മളെ ദൈവം നടത്തുന്ന നിലയിൽ നമുക്ക് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെളിച്ചം കിട്ടുമ്പം ദൈവം എന്താ ചെയ്യുന്നത് ദൈവം നമ്മളെ സത്യത്തിൽ ആ തെറ്റുകൾ മാറ്റി അതിനെക്കുറിച്ച് ആദ്യം വെളിച്ചം തന്നാലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കാനൊക്കെയുള്ളൂ ശുദ്ധീകരണം പ്രാപിച്ചാലേ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകാനൊക്കെയുള്ളൂ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമായാലേ ആത്യന്തിക നന്മയിലേക്ക് നമ്മൾ ചൂട് വയ്ക്കുകയുള്ളൂ ആത്യന്തിക നന്മ നമുക്ക് തരണമെങ്കിൽ ദൈവം നമ്മൾ അത്രയേറെ പ്രസാദിച്ചിരിക്കുന്നു കടങ്കത പോലെ തോന്നല്ലേ വീണ്ടും ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തിക നന്മ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടെങ്കിൽ ദൈവം നമുക്കെന്തോ ചെയ്യും നമുക്ക് ആത്യന്തിക നന്മ തരും ഇല്ലേ നമ്മൾ ഒരാളോട് ഒരാൾക്ക് പ്രസാദമുണ്ടെങ്കിൽ അയാൾ നമുക്ക് ഏറ്റവും വലിയ നന്മ ചെയ്യും ദൈവത്തിന് നമ്മളോട് പ്രസാദമുണ്ടെങ്കിൽ ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നെങ്കിൽ ദൈവം എന്തു നമുക്ക് ഏറ്റവും വലിയ നന്മ തന്നെ ചെയ്യും ശരി ഏറ്റവും വലിയ നന്മ എന്താ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക അങ്ങനെയാണെങ്കിൽ ആ പുത്രൻ്റെ സ്വഭാവത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ആ പുത്രൻ്റെ സ്വഭാവത്തിന് ചേരാത്ത നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നാലേ നമുക്കതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കാനൊക്കെ ഉള്ളു ശുദ്ധീകരണം പ്രാപിച്ചാലേ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകാനൊക്കെ ഉള്ളു പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമായാലേ ആത്യന്തിക നന്മ നമുക്ക് കൈയാളാനൊക്കെ ഉള്ളു ആത്യന്തിക നന്മ നമുക്ക് തരണമെങ്കിൽ ദൈവം നമ്മൾ അത്രത്തോളം പ്രസാദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് വർധിച്ചു വരുന്ന യേശുതുല്യമല്ലാത്ത നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വെളിച്ചമാണ് ഈ വെളിച്ചം വർദ്ധിച്ചു വരിക ഞാൻ പറഞ്ഞു വന്നത് വർദ്ധിച്ചു വരുന്ന ആ പാപബോധത്തെക്കുറിച്ച് തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ ഒരു അടുപ്പം ഒരു ഇൻറ്റിമസി നാള് കഴിയും തോറും കർത്താവിനോട് നമുക്കുണ്ടാവണം പ്രോമർക്കിഴി ലേഖനം അഞ്ചാമധ്യായത്തിൽ ഒരു വാക്യം ഒരു വാക്യം നമുക്ക് നോക്കാം അഞ്ചാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും കണ്ടോ രക്ഷയെന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ രണ്ടായിരത്തി പത്തിൽ ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഞാൻ കൈ ഉയർത്തി ഏ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ല നാം അങ്ങനെ രക്ഷിക്കപ്പെട്ടു തുടക്കം അവിടെയാണ് പക്ഷേ നാൾ കഴിയും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും എന്നാണ് നമ്മളവിടെ കാണുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു ആ നിരപ്പ് വന്നതാണ് നാം രക്ഷിക്കപ്പെട്ട ആ സമയം കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ആ സമയം അങ്ങനെ നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായിട്ട് നമ്മൾ എന്ത് രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ പാവസ്ഥയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യം ലഭിക്കുകയും ദൈവം തൻ്റെ അതിനെക്കുറിച്ച് നമ്മൾ അനുദവിക്കുകയും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ കഴുകി തൻ്റെ രക്തത്താൽ കഴുകി പലിശ താൽമാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തി തൻ്റെ ജീവനാൽ തൻ്റെ ജീവനാൽ നമ്മളെ എത്രയധികമായി നമ്മളെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ ചില പ്രവൃത്തി ഇരുപതാമത്തെ ആയതിൻ്റെ വാക്യത്തിൽ പൗലോസിൻ്റെ വളരെ രസകരമായ ഒരു പ്രയോഗമുണ്ട് രസകരമെന്ന് വെച്ചാൽ വളരെ ചിന്തനീയമായ ഒരു പ്രയോഗമുണ്ട് അവിടെ പൗലോസ് പറയുന്നത് ഓ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ മാനസാന്തരപ്പെട്ടു ദൈവത്തെ വിശ്വസിച്ചു ശരിയാണ് പക്ഷേ ദൈവത്തിങ്കലേക്ക് കൂടുതൽ കൂടുതൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കണം ആ പ്രക്രിയ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യമുണ്ടായിക്കൊണ്ടിരിക്കും ആ പാപബോധം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല ദൈവത്തിൻ്റെ മാറിടത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുവരും അങ്ങനെ ഒരു ഇൻറ്റിമസി അത് അതാണ് നമ്മുടെ ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ ഒരു തെളിവ് ഞാൻ വളരെ വേഗത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് മറ്റു രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ദൈവത്തോടുള്ള അടുപ്പം എന്ന് പറയുന്നത് വർധിച്ചു വരുന്ന പാവബോധമോ അതിനെക്കുറിച്ച് കിട്ടുന്ന വെളിച്ചവും ക്രിസ്തു തുല്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന പ്രകാശവുമാണ് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നദ്ധിയിലെ അനുതാപത്തോടെ കൊണ്ടുവന്ന് ദൈവം തൻ്റെ ജീവനാൽ നമ്മളെ കഴുകി ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ഒരു പുരോഗമനമായ ഒരു കാര്യമാണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ദൈവത്തോടുള്ള ഒരു അടുപ്പം നമുക്ക് ഉണ്ട് ഇൻറ്റിമസി ഉണ്ടെന്നുള്ളതിൻ്റെ വേറൊരു തെളിവ് നമുക്ക് നാളുകൾ കഴിയും തോറും ദൈവം നമുക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ കൂടുതൽ കൂടുതൽ പ്രിയപ്പെട്ടതായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു വാക്യം നോക്കാം യോഹനൻ്റെ സുവിശേഷം ആറാമത്തെ ആയ അതിൻ്റെ അറുപത്തി എട്ടാമത്തെ വാക്യമാണ് നമുക്ക് പരിചിതമായ വാക്യമാണ് അവിടെ പത്രോസ് പറയുന്നു കർത്താവ് ചോദിക്കുന്നു നീയേ നിങ്ങൾക്കും പൊക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് വളരെ നിസ്സഹായതയോടെ പറയുന്നത് എന്താ കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിൻ്റെ അടുക്കലല്ലാതെ ഞങ്ങൾക്ക് പോകാൻ വേറെ ഒരു ഇടമില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വർഷങ്ങൾ കഴിയും തോറും നാളുകൾ കഴിയും തോറും കർത്താവിലേക്കല്ലാതെ പോകാൻ നമുക്കിടമില്ലാത്തവണ്ണം നമ്മൾ കൂടുതൽ നിസ്സഹായരായി തീർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവുമായിട്ട് കൂടുതൽ അടുത്തു എന്നുള്ളതാണത് തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹം സ്നേഹമുള്ള ആളിനോട് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും കൂടുതൽ സംസാരിക്കും കർത്താവിനോട് കൂടുതൽ സംസാരിക്കും ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിക്കും ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് കാര്യത്തിനു മുമ്പേ ഒരു ആ നിലയിൽ നിന്ന് ആ ചില പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഇതൊരു ആന്തരികമായ ഒരു ബന്ധമാണ് കാരണം നമുക്ക് പോകാൻ ഈ ലോകത്ത് വേറൊരിടമില്ല വേറെങ്ങും ചിലർ പറയല്ലേ എനിക്കൊരു പോക്കടമില്ല പോക്കടമില്ല എന്നു വച്ചാൽ പോകാൻ വേറൊരിടമില്ല പോക്കടമില്ല നമുക്ക് വേറെങ്ങും ഒരു പോക്കടമില്ല നമുക്ക് ആകെപ്പാടെ ആരേ ഉള്ളൂ ദൈവമേ ഉള്ളൂ ആ നിലയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡായി തീർന്നിട്ടുണ്ടോ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടോ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ഇൻറ്റിമസി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു തെളിവാണത് അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തോടുള്ള ഇൻഡിമെസ്സിയുടെ ഒരു തെളിവെന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന പാപബോധം നമ്മുടെ ക്രിസ്തു തുല്യമല്ലാത്ത സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന വെളിച്ചം ആണെന്ന് പറഞ്ഞു രണ്ടാമതൊരു കാര്യം നമ്മുടെ സമയമാകട്ടെ നമ്മുടെ പ്രാ നമ്മുടെ വർത്തമാനങ്ങളാകട്ടെ നമ്മുടെ താൽപ്പര്യങ്ങളാകട്ടെ കൂടുതൽ കൂടുതൽ കർത്താവിൽ ഫോക്കസ്ഡ് ആയിത്തീരുന്നുണ്ടോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു അച്ചടിച്ചു വെച്ചൊരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ എന്നുള്ളതല്ല പക്ഷേ നമ്മുടെ സമയം കൂടുതലും എന്തുമായി ബന്ധപ്പെട്ടാണ് കർത്താവുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മുടെ ചിന്തകൾ കൂടുതലും ആരുമായി ബന്ധപ്പെട്ടാണ് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ നമ്മുടെ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഏതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഉള്ളപ്പോൾ തന്നെ നാൾ കഴിയും തോറും നമ്മുടെ പ്രയോറിറ്റി കർത്താവിൽ അത് കൂടിക്കൂടി വരുന്നുണ്ടോ കർത്താവിനോടുള്ള സ്നേഹം കർത്താവിനോടുള്ള സംഭാഷണം കർത്താവിനോട് ഓരോ കാര്യത്തിൽ ഉപദേശം ചോദിക്കുന്നത് കർത്താവ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്തായിട്ട് കൂടുതൽ കൂടുതൽ വരുന്നത് ഓ കൂടുതൽ സമയം ദൈവിക കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വായന കൂടുതൽ ദൈവോന്മുഖമായ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ആ നിലയിൽ വരുന്നുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ഒരു അടുപ്പം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതേസമയം പത്രോസ് പറയുക കർത്താവേ ഞങ്ങൾക്ക് പോകാൻ പല സ്ഥലമുണ്ട് അവിടെ ഒക്കെ ഞാനൊന്ന് പോയേച്ച് വന്നിട്ട് ഇച്ചിരി സമയം കിട്ടുക എന്നെങ്കിൽ അടുത്തും വരാം എന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള അടുപ്പമില്ല അതേസമയം പത്രോസ് ഇവിടെ പറയുന്നു വേറെ എവിടെ പോകും ഇവിടെ അല്ലാതെ ഇവിടെ പോകും എന്ന് പറയുമ്പോൾ അവൻ ആ അവന് കർത്താവിന് പുറത്തുള്ള ഒത്തിരി താല്പര്യങ്ങൾ അവനില്ല ഇൻട്രസ്റ്റുകൾ അവനില്ല അവൻ വളരെ ഫോക്കസ്ഡായി തീർന്നു സഹോര സഹോരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ നമ്മുടേതായ പല അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നാലും നാൾ തോറും നിനക്ക് കർത്താവിനോടുള്ള പ്രാർത്ഥന നിൻ്റെ ഹൃദയം പങ്കിടുന്നത് നടന്നു പോകുമ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പം ഒക്കെ നിൻ്റെ ഹൃദയം എന്തില്ല നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും കർത്താവിൽ കൊണ്ട് കൂടുതൽ അടുപ്പം ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ പ്രാർത്ഥന തന്നെ ആയിരിക്കണമെന്നില്ല പക്ഷേ ആ ഒരു പ്രസൻസ് ദൈവ സാന്നിധ്യം ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ആ നിലയിലുള്ള പ്രധാന സമയം ഒക്കെ കർത്താവും ആത്മീയ കാര്യങ്ങളുമായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ആ ഇൻറ്റിമസി വർധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം കൂടി ഇങ്ങനെ ഒരു ഇൻറ്റിമസി വർദ്ധിച്ചു വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനെക്കുറിച്ചുകൂടെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം വ നോക്കിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ അതിൻ്റെ ആ ആദ്യത്തെ ആദ്യം എഫ് എസ്സിലെ സഭയോടുള്ള ഈ ദൂതുകളെല്ലാം നമ്മൾ വായിക്കുക ഏഴ് ഏഴ് സഭകൾക്കുള്ള ദൂത് ഈ ഏഴ് സഭകൾക്കുള്ള ദൂതിലും ഏഴ് വട്ടം ദൈവം പറയുന്നുണ്ട് ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു അറിയുന്നു എന്ന് പറയുന്നുണ്ട് അഞ്ചുവട്ടം പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണമെന്ന് പറയുന്നുണ്ട് ഇവിടെ ആദ്യത്തെ സഭ ആദ്യത്തെ സഭയെക്കുറിച്ചും ദൈവം അറിയുന്നു അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരപ്പെടാൻ പറയുന്നുണ്ട് മാനസാന്തരപ്പെടാൻ പറയുന്നത് ഏതിൽ നിന്നാണ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്തിനെക്കുറിച്ചാണ് നാലാമത്തെ വാക്യത്തില എന്തിനു വേണ്ടി മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ പറവാനുണ്ട് അതിൽ നിന്നാണ് നീ വീണിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നീ മാനസാന്തരപ്പെടേണ്ടത് അതിനെക്കുറിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ എന്താ ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്കെല്ലാ കാര്യങ്ങളും ഉണ്ട് ആ നമ്മളെ എഫ് എസ് ഹോസിലെ ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ അവരെക്കുറിച്ച് പറയുന്നത് അവരെന്തുണ്ട് അവർക്ക് നല്ല ഉപദേശങ്ങളുണ്ട് നീ പരീക്ഷിച്ച് അപ്പോസന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും അപ്പോൾ തെറ്റായ ഉപദേശങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തു തെറ്റായ ഉപദേശങ്ങളെല്ലാം അവർ വേണ്ടെന്ന് വെച്ചു ശരിയായ ഉപദേശങ്ങളാണ് അവർ പിടിച്ചിരിക്കുന്നത് പിന്നെ അവരുടെ പ്രവൃത്തിയോ പ്രവർത്തി സഹിഷ്ണുതയുള്ളതും സഹിച്ചതും തളർന്നു പോകാഞ്ഞതും അറിയുന്നു നിക്കോലോവിയറുടെ നടപ്പ് നീ വായിക്കുന്നു അപ്പം പ്രവർത്തനത്തിലും അവരെന്താ പ്രവർത്തനത്തിലും അവരെ ഏറ്റവും ഒന്നാമതാണ് ഒരു സഭയെക്കുറിച്ച് ആ സഭയുടെ പ്രത്യേകത നോക്കുക അവർ ഉപദേശത്തിൽ ഒരു തെറ്റും അവരെക്കുറിച്ച് പറയാനില്ല അവരുടെ പ്രവർത്തനങ്ങളോ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു തെറ്റും പറയാനില്ല പക്ഷേ കർത്താവ് ആ സഭയെ നോക്കി പറയുന്നു നീയെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും നിൻ്റെ നിന്നെ നീ നിന്നെ അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും നിലവിളക്ക് ആ സഭയെ കാണിക്കുന്നത് സഭ തന്നെ ഇല്ലാതാക്കി കളയും നീയെ മാനസാന്തരപ്പെടാത്തക്ക നീ എവിടെ നിന്നോ വീണിരിക്കുന്നു അതുപോലെ തന്നെ നിനക്ക് കുറിച്ചൊരു കുറ്റം പറയാനുണ്ട് കണ്ടവ ആ സഭയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കുറ്റവും ഇല്ല എന്തുവാ സഭയുടെ പ്ലസ് പോയിന്റ് നല്ല ഉപദേശമുണ്ട് നല്ല ഉപദേശമുണ്ട് ഉപദേശത്തിൽ ഒരു തെറ്റുമില്ല നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നോക്കുമ്പോൾ നമ്മൾ സ്വയം അഭിനന്ദിക്കുക ഓ സി എഫ് സിയോ ഞങ്ങളോ ഏഹ് നല്ല ഉപദേശമാണ് ഉപദേശത്തിൽ ഒരു മായവും ഇല്ല നല്ല ഉപദേശമാണ് പ്രവർത്തി ഞങ്ങൾക്ക് ഞായറാഴ്ച മീറ്റിങ്ങുണ്ട് വെള്ളിയാഴ്ച മീറ്റിങ്ങുണ്ട് ബുധനാഴ്ച മീറ്റിങ്ങുണ്ട് പ്രവർത്തനങ്ങൾ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുന്നു ബി ബി എസ് ഉണ്ട് ഒത്തിരി പരിപാടികളുണ്ട് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും നല്ല സഭ എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടേണ്ടതല്ലേ പക്ഷെ കർത്താവ് നോക്കുമ്പോൾ അവിടെ നിൻ്റെ ആദ്യ സ്നേഹം ഫസ്റ്റ് ലവ് വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട് എന്നിട്ട് പറയുക നീ വീണിരിക്കുന്നു വീണിരിക്കുന്നു നമ്മൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ നിൻ്റെ നിലവിളക്ക് മാറ്റിക്കളയും നമ്മളിപ്പോൾ ഒരു സഹോദരനെക്കുറിച്ച് പറയുക ആ ബ്രദറെ അറിഞ്ഞോ ഇന്ന ആൾ വീണുപോയി ഏഹ് വീണുപോയി ഈ ക്രിസ്തീയ ലോകത്തെ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഏഹ് നമ്മൾ ചിലരെ കുറിച്ച് പറയും ഓ വലിയ പ്രസംഗകരായിട്ട് ഇവിടെ ഒക്കെ വന്നിരുന്ന ചില ആളുകൾ ഏഹ് അവരുടെ ഏറെ പേരുകൾ ഞാൻ പറയുന്നില്ല അവരെക്കുറിച്ച് പിന്നീട് ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ ചില ആളുകൾ അയ്യോ അദ്ദേഹം വീണുപോയി അദ്ദേഹം വീണ് പോയി വിശ്വാസത്തിൽ നിന്ന് വീണുപോയി അപ്പം വീണുപോയി എന്ന് കേട്ടാൽ നമ്മൾ എന്തോ വിചാരിക്കുന്നത് അദ്ദേഹം ഇന്നോ ഏതോ ഏഴാം ഏതാണ്ട് ലംഘിച്ചു അയാളെ കൈയോടെ പിടിച്ചു അല്ലെങ്കിൽ മദ്യപിച്ച് ഏതാണ്ട് പോലീസ് പിടിച്ചു അറസ്റ്റ് ചെയ്തു ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ധാർമ്മികമായോ സാമാന്യ മര്യാദയ്ക്ക് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും കാര്യം ചെയ്ത ഒരാളിനെക്കുറിച്ചാണ് സാധാരണ എന്താ പറയുന്നത് വീണുപോയി എന്ന് പറയുന്നത് ഇവിടെ ഇത് ആ ചിന്ത വെച്ച് നമ്മൾ ഇവിടെ വായിക്കുക ഇവനെ ഈ എഫേസോസിലെ സഭയെക്കുറിച്ച് പറഞ്ഞേക്ക് എഴുതുക നീ വീണുപോയെന്ന് പറഞ്ഞിരിക്കും ഉപദേശത്തെ വീണോ ഇല്ല ഉപദേശത്തെ വീണില്ല പ്രവർത്തനങ്ങളിൽ വീണോ ഇല്ല പ്രവർത്തനങ്ങളിൽ വീണില്ല പക്ഷേ ഒരു കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആ ഇൻറ്റിമസിയിൽ ആ അടുപ്പത്തിൽ വീഴ്ച സംഭവിച്ചു അതുകൊണ്ട് ദൈവാത്മാവ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താ നീയെ വീണുപോയി എന്നാ പറയുന്നത് അത്തരം ഗൗരവമുള്ള വാക്ക് പറയത്തക്കവണ്ണമുള്ള കാര്യമാണോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തോടുള്ള അടുപ്പം പോകുന്നത് ആ അടുപ്പവും സ്നേഹവും പോകുന്നത് അങ്ങനെ തന്നെ പറയത്തക്കവണ്ണം ഗൗരവമുള്ള കാര്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് അവർക്കാകെ സംഭവിച്ചത് അവർക്ക് ആ സ്നേഹം സിമ്പിൾ പ്യുവർ ഡിവോഷൻ കർത്താവിനോടുള്ള ലളിതവും നിർമ്മലവുമായ ആ ഒരു സ്നേഹബന്ധം ഭക്തി നഷ്ടമായി പോയി അപ്പോഴും എന്തുണ്ട് ഉപദേശങ്ങളെല്ലാം കിറുകൃത്യം പ്രവർത്തനങ്ങളെല്ലാം പരിപാടികളെല്ലാം കിറുകൃത്യം പക്ഷേ കർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചെയ്യുന്ന ആളിൻ്റെ പ്രവൃത്തിയല്ല നോക്കുന്ന ആളിനെ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ കർത്താവിനോടുണ്ടായിരുന്ന ആദ്യത്തെ അടുപ്പം അടുപ്പം നഷ്ടമായി പോയി അതുകൊണ്ട് കർത്താവ് പറയുന്നു നീ വീണ് നീ വീണ് നീ മാനസാന്തരപ്പെടത്തക്കവണ്ണം അനുദപിക്കത്തക്കവണ്ണം നീ ഒരു തെറ്റു ചെയ്ത പോലെയാണ് പറയുന്നത് നീ അത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ വിളക്ക് നീക്കിക്കളയും സഭയെ തന്നെ ഇല്ലാതാക്കിക്കളയും ഈ ഒത്രയും ഗൗരവമുള്ള കാര്യം പറയത്തക്കവണ്ണം ഗുരുതരമായ ഒരു കാര്യമാണോ അടുപ്പം നഷ്ടമാകുന്നത് അതെ അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് വായിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് നമ്മളെ തന്നെ നാളുകൾ കഴിയുമോഴും രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞു പത്തൊൻപതിലേക്ക് വന്നു നമ്മൾ കൃത്യമായി നമ്മുടെ പരിപാടികളെല്ലാം തുടരുക ഞായറാഴ്ച വരുന്നു വെള്ളിയാഴ്ച വരുന്നു ബുധനാഴ്ച വരുന്നു ഇനിയിപ്പോൾ വി ബി എസിൻ്റെ ഒരുക്കങ്ങളുണ്ട് ഈ സമീപത്തുള്ള കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു പല കാര്യങ്ങളും നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു ത്യാഗപരമായി എന്തെല്ലാം ചെയ്യുന്നു ഈ തിരക്കിനെല്ലാം ഇടയിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിൽ ആ സ്നേഹബന്ധത്തിൽ ആ അടുപ്പത്തിൽ ഒരു വർധനയുണ്ടോ വർദ്ധനയില്ലെങ്കിൽ വീണുപോയി നിലവിളക്ക് മാറ്റിക്കളയും അനുദമിക്കുക എന്ന് പറയുന്നെങ്കിൽ പ്രിയപ്പെട്ടവർ ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഉപദേശമൊന്നും വേണ്ടെന്നാണോ അല്ല ഉപദേശമെല്ലാം തന്നെ വേണം പ്രവർത്തനങ്ങളൊന്നും വേണ്ടെന്നാണോ പ്രവർത്തനങ്ങളെല്ലാം വേണം വി ബി എസ് വേണ്ടെന്നാണോ അയ്യോ വി ബി എസിൻ്റെ കാര്യത്തിനായിട്ട് നമ്മൾ ആ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ആ നോട്ടീസ് അടിക്കാനും ഒക്കെ നടന്നത് ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല ഇതെല്ലാം വേണം പക്ഷേ നമ്മൾ മലയാളത്തിൽ ഒരു പറയാറുണ്ടല്ലോ പെണ്ണുകെട്ടത്തിൻ്റെ തിരക്കിനിടയിൽ കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്നത് സംഭവിക്കരുത് നമ്മുടെ പെണ്ണുകെട്ടാണ് അതിൻ്റെ തിരക്കിന് ആളുകളെ വിളിക്കണം കുറിയടിക്കണം പന്തലിടണം വിരുന്നുകാരെ കൊണ്ടുവരണം ഈ തിരക്കെല്ലാം പക്ഷേ ഈ തിരക്കിലെല്ലാം പെട്ട് നമ്മൾ നടന്നു സമയത്ത് ചെന്ന് കല്യാണത്തിന് ചെന്ന് പെണ്ണിൻ്റെ കൈപിടിച്ച് ആ കാര്യം നമ്മളങ്ങ് മറന്നുപോയി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാന കാര്യം എന്താ ഏറ്റവും പ്രധാന കാര്യം ആ കല്യാണം ആ പ്രധാനം ബാക്കിയൊക്കെ അതിനോട് ചേർന്നുള്ളതാണ് നമ്മളതിൻ്റെ ഒരുക്കത്തിനിടയിൽ ഈ പ്രധാന കാര്യം വിസ്മരിച്ചു പോയാൽ ആ പ്രധാന കാര്യമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള അടുപ്പമാണ് സ്നേഹബന്ധമാണ് ആദ്യ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ദൈവസംഗതിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും